നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് നവഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ നവഗ്രഹങ്ങൾ കേവലം ഈ ആകാശഗോളങ്ങളല്ല ഒരുപാട് ഊർജ കേന്ദ്രങ്ങളുടെ പ്രതീകങ്ങളാണ് എന്നാണ് പറഞ്ഞത് അപ്പം അതെങ്ങനെയാണ് അവരെ പ്രതീകങ്ങളായിട്ട് കണ്ട് ആരാധിച്ചത് എങ്ങനെയാണ് ഈ ആരാധന കടന്നു വന്നത് നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ആരാധനാരീതികൾ ഈശ്വരനെ ആരാധിച്ചത് എവിടെ എവിടെ മുതലാണ് നമ്മളുടെ ആരാധന തുടങ്ങിയത് എന്നൊന്ന് നന്നായിരിക്കും നമ്മളെല്ലാവരും ഭൂമിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മളുടെ ചിന്ത ഭാരതീയ ചിന്ത ഞാൻ എന്നതിനപ്പുറം ഞാൻ മാറിയാൽ ലോകം മുഴുവൻ മാറും എന്ന സങ്കല്പത്തിലാണ് ആരാധന അപ്പം എന്നെ ബാധിക്കുന്നതൊക്കെ ലോകത്തിനെ മുഴുവൻ ബാധിക്കും എന്നിൽ സ്വാധീനം ചെലുത്തുന്നതൊക്കെ ലോകത്തിൽ മുഴുവൻ സ്വാധീനം ചെലുത്തും അങ്ങനെയുണ്ട് എന്നിൽ സ്വാധീനം ചെലുത്തുന്നതൊക്കെ ലോകത്തിൽ മുഴുവൻ സ്വാധീനം ചെലുത്തും എന്നെ ബാധിക്കുന്നത് ലോകത്തിനെ മുഴുവൻ ബാധിക്കും എന്ന സങ്കല്പത്തിലാണ് ഞാൻ മാറിയാൽ ലോകം മാറും അപ്പം നമ്മുടെ ആരാധന ഈശ്വരനെ നമ്മളൊരു രക്ഷകനായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളെ രക്ഷിക്കുന്ന ആളാണ് ഈശ്വരൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശ്വര രക്ഷിക്കണേ ഭഗവാനെ രക്ഷിക്കണേന്നല്ലേ പറയാറില്ല അപ്പോൾ ഒരു രക്ഷകനാണ് ഈശ്വരൻ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് പ്രസവിച്ച് അല്പ പ്രസവിച്ച് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പ്രസവിച്ച് വീഴുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ആദ്യത്തെ രക്ഷകൻ അല്ലെങ്കിൽ ആദ്യത്തെ രക്ഷിതാവ് ആ കുട്ടിയുടെ അമ്മയാണ് ആ കുട്ടി കരഞ്ഞാൽ ആ കുട്ടിയെ എടുക്കുന്നതും ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റുന്നതും ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും പാരാട്ട് വാഴുന്നതും ഉറക്കുന്നതും ആ കുട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും എന്ത് ചെയ്യുന്നതും ആ കുട്ടിയുടെ അമ്മയാണ് ഏത് ജീവജാലത്തിലായാലും അങ്ങനെ തന്നെയാണ് മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണോ അങ്ങനെ തന്നെയാണ് അപ്പം നമ്മളുടെ ആദ്യത്തെ രക്ഷിതാവ് സാക്ഷാൽ നമ്മുടെ അമ്മ തന്നെയാണ് ആദ്യത്തെ രക്ഷിതാവ് നമ്മളിപ്പോൾ ഏതൊരു മനുഷ്യനും എത്ര വലിയൊരു സ്വന്തം അമ്മയെ അടിച്ചു കൊന്ന് ജയിലിൽ പോയിട്ടുള്ള കൊലപാതകയായിട്ടുള്ള ഒരാളാണെങ്കിലും കൂടിയും ഒരടി നമുക്ക് കിട്ടുമ്പോൾ നമ്മളെല്ലാവരും അമ്മയെന്നാണ് നിലവിളിക്കാറുള്ളത് അച്ചാന്നോ അമ്മാണെന്നോ വലിയച്ചാന്നൊന്നും വിളിച്ചിട്ട് ആരും കരയാറില്ല എൻ്റെ അമ്മയെ എന്നാണ് എല്ലാവരും പറയാറുള്ളത് എന്തുകൊണ്ട് നമ്മുടെ വായിൽ ഇങ്ങനെ വരുന്നു അതിവിടെ ഭൂമിയിൽ ഏതൊരു സ്ഥലത്ത് പോയാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല ഏത് രാജ്യത്തോ ഏത് സംസ്ഥാനത്തോ പോയാലും കരയുമ്പോൾ നമ്മളമ്മയെ വിളിച്ചിട്ടാണ് കരയാറുള്ളത് എന്തുകൊണ്ട് അത് നമ്മളിൽ എല്ലാവരിലും വരുന്നതാണ് നമ്മൾ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചുപോയിട്ടുള്ള കുട്ടികൾ ധാരാളമുണ്ട് പ്രസവിച്ചുടനെ അമ്മ മരിച്ചുപോയി ആ കുട്ടിയെ പിന്നെ വളർത്തിയത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ ആ കുട്ടിയാണെങ്കിലും അമ്മ എന്ന് വിളിച്ചിട്ടാണ് കരയുക അപ്പം നമ്മുടെ ഉള്ളിലുള്ള അമ്മയെ പറ്റിയിട്ടുള്ള ബോധമാണ് നമ്മുടെ ആദ്യത്തെ രക്ഷിതാവ് സ്വന്തം അമ്മ തന്നെയാണ് ഒരു കുട്ടിയൊക്കെ എന്തെങ്കിലും കുട്ടികൾ തമ്മിൽ അടിപിടി കൂടുമ്പോക്കെ കുട്ടികൾ പറയാറുണ്ട് ഞാനിത് അമ്മോട് പറഞ്ഞു കൊടുക്കും എന്ന് പറയാറുണ്ട് കുട്ടികൾ അച്ഛനോട് പറഞ്ഞു കൊടുക്കും പക്ഷേ ആദ്യം പറയുക ഞാനിത് അമ്മോട് പറഞ്ഞു കൊടുക്കും നമ്മുടെ മനസ്സിൽ നമ്മുടെ ആദ്യത്തെ രക്ഷിതാവ് ഈശ്വരൻ അമ്മയാണ് അത്ര വലിയൊരു സ്ഥാനം അത് ലോകത്തിലേത് ജീവജാലത്തിലാണെങ്കിലും ഒരു പശു പ്രസവിച്ചിട്ടാണെങ്കിലും പട്ടി പ്രസവിച്ചിട്ടാണെങ്കിലും സിംഹം പ്രസവിച്ചിട്ടാണെങ്കിലും എലി പ്രസവിച്ചിട്ടാണെങ്കിലും ഒരു പക്ഷി മുട്ടയിട്ട് വിരിച്ച കുട്ടികളാണെങ്കിലും ഏതൊരു ജീവജാലമാണെങ്കിലും അവരുടെ അമ്മയാണ് അവരുടെ ആദ്യത്തെ രക്ഷിതാവ് അഥവാ ഈശ്വരൻ ഈശ്വരനെ നമ്മൾ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിട്ട് ഈശ്വരൻ എന്ന സങ്കല്പമൊന്നും വരുന്നില്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരു വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈശ്വരൻ എന്നൊരു സങ്കല്പം ആ കുട്ടിയുടെ മനസ്സിലില്ല രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ നാല് വയസ്സോ ആയാലും കുട്ടിയുടെ മനസ്സിൽ ഈശ്വരൻ എന്നൊരു ഇല്ല നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ സങ്കല്പം നമ്മൾ നമ്മുടെ മനസ്സിൽ ഈശ്വര വിശ്വാസം ഉണ്ടാവണതും നമ്മൾ ഏത് രീതിയിലാവണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ചെറുപ്പത്തിൽ എന്ത് പറഞ്ഞു തരണമെന്നുള്ളതാണ് അപ്പോൾ നമ്മളെല്ലാവരും മലയാളം പറയാനുള്ള കാരണം നമ്മൾ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മലയാളം പറയുന്നത് കേട്ടു വളർന്നുകൊണ്ടാണ് നമ്മൾ ചൈനയിൽ ജനിച്ച് ചൈനീസ് ഭാഷയാണ് അച്ഛനും അമ്മയും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചൈനീസ്ക്കാരാവും അച്ഛനും അമ്മയും സംസാരിക്കാൻ കഴിയാത്ത അച്ഛനും അമ്മയാണ് ഒരു കുട്ടിയെ പ്രസവിച്ചു ആ കുട്ടി അച്ഛനും അമ്മയും മാത്രം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് വേറെ ലോകമായിട്ടൊരു ബന്ധുമില്ല ഈ അച്ഛനും അമ്മയും മാത്രം വേറെ ആരുമില്ല അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടാമയ്യാത്ത അച്ഛനും അമ്മയ്ക്കും വളർന്നു വരുന്ന ഒരു കുട്ടി ആ കുട്ടി ഊമയായിട്ട് പോകുമ്പോൾ ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല കാരണം ആ കുട്ടി സംസാരം കേൾക്കണില്ല ഈ രീതിയിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഈശ്വരൻ എന്താണ് ചെകുത്താൻ എന്താണ് എന്നൊന്നും അറിയില്ല അച്ഛനും പറഞ്ഞു കൊടുക്കുന്നതാണ് ആ കുട്ടിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ രക്ഷിതാവ് ആ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ കുട്ടി കരയുമ്പോൾ കുട്ടിക്ക് വിഷമം വരുമ്പോൾ ആ കുട്ടിയെ രക്ഷിക്കുന്ന ആദ്യത്തെ രക്ഷിതാവ് ആദ്യത്തെ ഈശ്വരൻ അമ്മയാണ് ഇത് ലോകത്തിലെ എല്ലാ മനുഷ്യരിലും ഉറച്ചുപോയ ഒരു വിശ്വാസമാണ് അപ്പം അതുകൊണ്ടുതന്നെ എൻ്റെ ആദ്യത്തെ രക്ഷിതാവ് അമ്മയാണ് അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും രക്ഷിതാവ് അമ്മയാണ് എന്ന ഒരു സങ്കല്പം ഇതിന് നമ്മൾ വ്യഷ്ടി സമഷ്ടി എന്നാണ് പറയുക നമ്മളുടെ വ്യഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ മാത്രം ബാധിക്കുന്നത് സമഷ്ടി എന്ന് പറഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ ബാധിക്കുക നമ്മളിൽ നമ്മളിൽ മാത്രം ഒതുങ്ങണത് വ്യഷ്ടി ലോകത്തിൽ മുഴുവൻ ഒതുങ്ങണത് സമഷ്ടി അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഒരു മനസ്സ് വ്യക്തിഗതമായിട്ടുള്ള മനസ്സ് മറ്റത് ഇൻഡിവിജ്വൽ മൈൻഡെന്ന് പറയാം മറ്റത് പൊതുവായിട്ടുള്ള മനസ്സ് ലോകത്തിൻ്റെ മുഴുവൻ മനസ്സ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നൊക്കെയാണ് അതിന് പേര് പറയണത് പ്രാപഞ്ചിക മനസ്സെന്നോ അല്ലെങ്കിൽ അവബോധം സഞ്ചിത അവബോധം എന്നൊക്കെ പറയും അപ്പം ഞാൻ പറഞ്ഞു എന്നിൽ സ്വാധീനം ഉണ്ടാക്കുന്നതൊക്കെ ലോകത്തിൽ മുഴുവൻ സ്വാധീനം ഉണ്ടാക്കും എന്നിൽ എൻ്റെ ആദ്യത്തെ രക്ഷിതാവ് അമ്മയാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാവരുടെയും ഈ ചിന്ത എല്ലാവരിലും ഉണ്ട് സമൂഹത്തിൽ മൊത്തം ഈ ചിന്തയാണുള്ളത് ആദ്യത്തെ രക്ഷിതാവ് അമ്മയാണെന്നാണ് അമ്മയ്ക്ക് അത്ര ശ്രേഷ്ഠമായ സ്ഥാനം നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ആദ്യത്തെ രക്ഷിതാവ് അമ്മയാണ് ആദ്യത്തെ ഈശ്വരൻ അമ്മയാണ് ഇത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള മനസ്സിൽ ആദ്യം മുതലേ ഉള്ള ഒരു വിശ്വാസമാണ് അത് ലോകത്തിലേത് ജനതയിലാണെങ്കിലും ആദ്യത്തെ രക്ഷിതാവ് ആദ്യത്തെ ഈശ്വരൻ അമ്മയാണ് അപ്പം അതുകൊണ്ടുതന്നെ ആദ്യമുണ്ടായ ദൈവം എന്ന് പറഞ്ഞാൽ അമ്മ ദൈവമാണ് എന്നെ രക്ഷിക്കാൻ എൻ്റെ അമ്മയുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിനെ മുഴുവൻ ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും പൊതുവായി ഒരമ്മ സങ്കല്പം ലോകത്തിനെ മുഴുവൻ ലോകമാതാവ് എന്ന സങ്കല്പമാണ് ആദ്യമുണ്ടായത് അതാണ് ആദ്യമായിട്ട് അമ്മയെ ആരാധിക്കുക എന്നുള്ള സമ്പ്രദായം വന്നത് ഇന്നും അത് തുടരുന്നു ഭാരതീയ സങ്കല്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തരുള്ളത് അമ്മ ദൈവങ്ങൾക്കാണ് ഭഗവതിക്കാണ് ആദി പരാശക്തിയായുള്ള ദേവിക്കാണ് ഏറ്റവും കൂടുതൽ ഭക്തരുള്ളതെന്ന് കാണാൻ കഴിയും അത് നമ്മുടെ ഈ ബോധത്തിൽ നിന്നുണ്ടായതാണ് അമ്മയാണ് നമ്മളുടെ ആദ്യത്തെ രക്ഷിതാവ് എന്ന ബോധത്തിൽ ഉണ്ടായതാണ് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോവാം നമസ്കാരം